അധ്യായം പതിനേഴ് അനന്തരം ഇസ്രയേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു യഹോവിയുടെ കൽപ്പനപ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിലെത്തി പാളയമിറങ്ങി അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട് നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു ജനത്തിന് അവിടെ വച്ച് നന്ന ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പെറുപെടുത്തു ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിശ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു മോശ യഹോവയോട് നിലവിളിച്ചു ഈ ജനത്തിന് ഞാൻ എന്തു ചെയ്യണ്ടു അവർ എന്നെ കല്ലെറിവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു യഹോവ മോശയോട് ഇസ്രയേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുമ്പാകെ കടന്നുപോക ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും നീ പാറയെ അടിക്കണം ഉടനെ ജനത്തിനു കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു ഇസ്രയേൽ മൂപ്പന്മാർ കൺകെ മോശ അങ്ങനെ ചെയ്തു ഇസ്രയേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്ക നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ പരീക്ഷ എന്നും മെരീബ കലഹം എന്നും പേരിട്ടു രഫീദീമിൽ വച്ച് അമാലേക്ക് വന്ന് യുദ്ധം ചെയ്തു അപ്പോൾ മോശ യോശുവയോട് നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക ഞാൻ നാളെ കുന്നിൻമുകളിൽ ദൈവത്തിന്റെ വടി കൈയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു അമാലേക്കിനോട് പൊരുതു എന്നാൽ മോശയും അഹരൂനും ഹൂരും കുന്നിൻമുകളിൽ കയറിയും മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രയൽ ജയിക്കും കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ല് എടുത്തുവച്ചു അവൻ അതിന്മേൽ ഇരുന്നു അഹരോനും പൂരും ഒരുത്തൻ ഈപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വൈത്തലയാൽ തോൽപ്പിച്ചു യഹോവ മോശിയോട് നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായിച്ചുകളയും എന്ന് കൽപ്പിച്ചു പിന്നെ മോശ ഒരു യാഗപീഠം പണുതൂ അതിന് യഹോവ നിസി യഹോവ യന്റെ കൊടി പേരിട്ടു യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട് എന്ന് അവൻ പറഞ്ഞു